ക്രിസ്ത്യാനികൾ യാതൊരു കാര്യത്തിലുമല്ല എന്ന് ജൂതന്മാർ പറയുന്നു ജൂതന്മാർ യാതൊരു കാര്യത്തിലുമല്ല എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു അവർ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നുമുണ്ട് അറിവില്ലാത്തവരും ഇവരെപ്പോലെ തന്നെയാണ് പറയുന്നത് അവർ തർക്കിച്ചിരുന്ന കാര്യങ്ങളിൽ അന്ത്യദിനത്തിലാഹു സുഹാനഹുവല അവർക്കിടയിൽ വിധി തീർത്തുകൊടുക്കുന്നതാണ്